അപ്പോ നല്ല കർമ്മം എന്ന് പറഞ്ഞ അതിലൊന്നും നല്ലത് എന്ന് പറഞ്ഞൊരു സാധനം നല്ലത് മാത്രമായിട്ട് ഒന്നുമില്ല എന്ത് വന്നാലും അതിലൊരു എടാ കൂട ഉറങ്ങിയാൽ പോലും നിങ്ങളുടെ കർമ്മം നിങ്ങളെ വിടില്ല പലപ്പോഴും ഉറക്കത്തിൽ നമ്മളിങ്ങനെ അറിയാതെ തിരിഞ്ഞു കിടക്കുമ്പോ അടിയിൽ എന്തെങ്കിലുമൊക്കെ മരിക്കും പഴയ കാലത്തില് പുറത്ത് കിടക്കും ആളുകൾ വെയിലത്ത് സമ്മറില് അപ്പ രാവിലെ എണീറ്റ് മരിച്ചു കിടക്കും എങ്ങനെയോ മരിച്ചു പ്രേതമടിച്ചു എന്നൊക്കെ ചിലപ്പോൾ പറയും പലപ്പോഴും എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഈ കെട്ടുപരിയം പാമ്പുണ്ടല്ലോ അത് വന്ന് അടുത്തു ചൂടിന് കിടക്കും കിടന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ മേത്തേക്കായി രണ്ടുപേരും കൂടെ ഒന്നിച്ച് സിദ്ധികൂടും ഇതിപ്പോ അറിഞ്ഞുകൊണ്ട് ചെയ്താണോ അല്ല നോക്കൂ അപ്പൊ ഉറക്കത്തിൽ പോലും കർമ്മം നടന്നുകൊണ്ടിരിക്കണം നമുക്ക് വല്ല സ്വാതന്ത്ര്യം ഉണ്ടോ നല്ലത് സീതാ വല്ലതും പറയാൻ പറ്റോ ചിലർ ഉറക്കത്തിൽ ആ ഒരു ഗാംഭീര്യ ഗംഭീര സൗണ്ട് ഉണ്ടല്ലോ അത് അത് തന്നെ നമുക്ക് കേട്ടിരിക്കാൻ പറ്റില്ല അത് അറിഞ്ഞിട്ട് ചെയ്യണതാണോ ഞാൻ കൂർക്കം വലിക്കില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അതൊരു കർമ്മ അല്ലേ കെട്ടിടങ്ങളൊക്കെ വീഴും ചിലപ്പോ അപ്പൊ കർമ്മം നല്ലത് ചീത്ത എന്നൊക്കെ പറയണത് നമ്മളുടെ പ്ലെയിനിൽ നോക്കിയിട്ടാണ് നദ്വേഷ്ഠി അകുശലം കർമ്മ കുശലേന അനുശജത ത്യാഗി സത്വസമാവിഷ്ടേധാവി ഛിന്ന സംശയ ത്യാഗി സത്വസമാവിഷ്ടത്തിൽ ഇരിക്കുന്ന ത്യാഗി അഥവാ സ്വരൂപനിഷ്ഠനായ ത്യാഗി സത്വം എന്ന് സ്വരൂപം എന്നും തന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ താൻ ആത്മാവാണെന്നും താൻ ശരീരമല്ലെന്നും മനസ്സല്ലെന്നും അഹങ്കാരമല്ലെന്നും അറിഞ്ഞും നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമായ തന്റെ യഥാർത്ഥ സ്വരൂപത്തിനെ അറിഞ്ഞ ആ യോഗനിഷ്ഠൻ ആത്മനിഷ്ഠൻ നല്ല കർമ്മം ചീത്തകർമ്മം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതെനിക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും നോക്കില്ല തനിക്ക് എന്താ വീണ് കിട്ടിയിരിക്കണം എന്ന് അത് താനാണ് അത് തന്റെ കർമ്മമല്ല കർമ്മം തന്നെ താനാണ് ശ്രുതി പറയണത് തത്വം അറിഞ്ഞേ ഞാനീ വായുവിനെ പോലെ ചരിക്കുന്നു വായുവിന് വല്ല ഈഗോ ഉണ്ടോ ഇടിമിന്ന ഇടിമിന്നൽ പോലെ പ്രവർത്തിക്കുന്നു മഴ പോലെ പ്രവർത്തിക്കുന്നു സൂര്യ പോലെ പ്രവർത്തിക്കുന്നു അതിന് ഈഗോ ഇല്ലാതെ പെർഫെക്റ്റ് ആക്ഷന് നേച്ചറിലുള്ള ഉദാഹരണങ്ങളാണ് ഇവരൊക്കെ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്നു അഭിമാനമില്ലാത്ത അതുപോലെ തത്വമറിഞ്ഞ ആളും താൻ സ്വരൂപനിഷ്ഠനായിട്ട് യാതൊരു സംഗമില്ലാത്ത സ്വതന്ത്രമായിട്ട് ചെയ്യും അതിന്റെ ഫലത്തിനെ കുറിച്ചൊന്നും ചിന്തയേയില്ല മേധാവി ചിഹ്ന സംശയ അതറിയാത്തവൻ ചെയ്യണ പോലെയല്ല മേധാവി തത്വമറിഞ്ഞ് ഒരു സംശയവുമില്ലാതായി ജീവൻ മുക്തനായി കൃതകൃത്യനായി ആത്മനിഷ്ഠനായിട്ട് ചെയ്യും ആത്മസ്വരൂപ അവസ്ഥാനമേവ പരം ശ്രേ നിശ്രേയസാധനം അന്യത് കിഞ്ചിതിയേവം നിശ്ചയേനച്ഛന സംശയ ആ ഞാൻ ആ തത്വനിശ്ചയം എന്ന ആൾക്ക് പുറത്തുനിന്നൊന്നും കിട്ടാനില്ല താൻ തന്റെ സ്വരൂപത്തിൽ ഇരിക്കലാണ് തന്റെ പൂർണത്വം തനിക്ക് ഒന്നും പുറത്തുനിന്ന് കിട്ടി ഒന്നും ആവാനില്ല താൻ സ്വയമേവ പൂർണനാണ് ഭിക്ഷകാരനല്ല തന്റെ ഉള്ളിലൊരു വലിയ നിധി കണ്ടിരിക്കണു ഞാനീ ആ നിധി നഷ്ടപ്പെടുകയേ ഇല്ല പുറത്തുള്ള സാധനങ്ങൾ എന്ത് കിട്ടിയാലൊക്കെ നഷ്ടപ്പെടും ഇപ്പൊ എന്താ നമുക്ക് ആവശ്യം വേണ്ടത് ഭക്ഷണം വേണം ജീവിക്കണം അത്രയല്ലേ ഉള്ളൂ അതിനെല്ലാവർക്കും അധികാരമുണ്ട് പാക്കനാർ ഒരു ദിവസം ഇങ്ങനെ നടക്കുമ്പോൾ അല്ലാതെ വിശക്കണു പഴം വിൽക്കാൻ വെച്ചിട്ടുണ്ട് അയാൾ ചോദിച്ചു കൊടുത്തില്ല തിരിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ എടുത്തു പഴം അയാൾ കണ്ടു എല്ലാരും കൂടെ വട്ടത്തിൽ നിന്ന് തല്ലി അപ്പൊ പറഞ്ഞു രണ്ടെണ്ണം കൂടെ കൊടുക്കൂ അപ്പോഴേ പറഞ്ഞതാണ് എടുക്കണ്ടെന്ന് തന്റെ ശരീരത്തിനെ പറയാ അതിൻറെ എടുക്കരുത് എടുക്കരുതേന്ന് പറഞ്ഞു കേട്ടില്ല അതിനാർത്തി തിന്നെണ്ണം ആർത്തി കൊടുക്കൂ തല്ലുകൊടുക്കൂ കുറച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായി ഇയാളെ തല്ലിയിട്ട് കാര്യമില്ല കാരണം അയാളും കൂടെ തല്ലാൻ തനിക്ക് പുറത്ത് നിന്നൊന്നും വേണ്ട താൻ സ്വയമേ വപൂർണനാണ് ഞാനീ പുറത്തുനിന്ന് ബയോളജിക്കൽ നീഡ്സ് ഫിസിക്കൽ നീഡ്സ് മാത്രം വേണമെങ്കിൽ ഉണ്ടാവാം വിശപ്പ് ദാഹം ഉറക്കം ഇതൊക്കെ ഞാനിക്കും ആവശ്യമാണ് ശരീര നിർവഹണം കൊണ്ട് കൃതകൃത്യനാണ് കൈനീട്ടിയാൽ കരതല ഭിക്ഷ തരുതല വാസ കൈനീട്ടിയാൽ ഭക്ഷണമായി കഴിച്ചു എവിടെങ്കിലും കിടന്നു സുഖമായിട്ട് ഉറങ്ങി കാണുന്ന ആളുകൾക്ക് അസൂയ തോന്നും നമുക്ക് ഉറക്കം വരണമില്ല എ സി ഇട്ട് ബെൽഡിട്ടാണ് കണ്ണടച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ സ്വപ്നം ഒരാള് പറഞ്ഞു തറ രാമായണം വായിക്കണു രാമായണത്തിലെ രാവണൻ കുംഭകർണൻ ശൂർപ്പണക താടക എല്ലാരും സ്വപ്നത്തിൽ വന്നു കഴിഞ്ഞു രാമൻ മാത്രം വരണേയില്ല ഹൊറാണ് സ്വപ്നം എന്റെ ആശ സമാധാനല്ലതിരസ്തം അരുൺ്മഹർ പറഞ്ഞു ഹേ അരുണാചലേശ്വര ചിത്തം കുളിര ഗതിരസ്തം വൈത്ത് ശിരസില് ആ കൈവച്ച എന്റെ ചിത്തം അങ്ങോട്ട് കുളിരും ശീതളമാണ് ം വരച്ചാൽ അമൃതാനുഭവത്തിനെ തരുന്ന മഹാവാക്യം ഒന്ന് വായി തുറന്നു പറയൂ ഗുരു അനുഗ്രഹം കൊണ്ട് കൃതകൃത്യനായിട്ടുള്ളവൻ ആത്മാനം ആത്മത്വേന സമ്പുദ്ധാം സംസ്കൃതാത്മാസന് ജന്മാതി വിക്രിയാരഹിതത്വേന നിഷ്ക്രിയം ആത്മാനം ആത്മത്വേന സമ്പുദ്ധ സ സർവകർമാണി മനസാസന്യസ് മനസ്സുകൊണ്ട് കർമ്മങ്ങളെ ഒക്കെ വിട്ടു നൈവ കുർവെന്ന കാരയ്യനൊന്നും ചെയ്യണമില്ല ചെയ്യിപ്പിക്കണമില്ല സ്വതന്ത്രനായി നൈഷ്കർമ്മ്യ സ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് ജ്ഞാനനിഷ്ഠയിൽ ഇരുന്നു കൊണ്ട് അയാള് ലോകത്തില് പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ഈശ്വരന്റെ പ്രവൃത്തിയാണ് അത് ആ വ്യക്തിയുടെ പ്രവൃത്തിയല്ല അയാളിലൂടെ പ്രവർത്തിക്കുന്നത് ഈശ്വരനാണ് ഭഗവാൻ പറഞ്ഞു ഞാൻ വേറെയല്ല ഞാനീ വേറെയല്ല ഞാനീ ത്വാത്മൈവമേ മതം ആ ജ്ഞാനനിഷ്ഠയിൽ പരിപൂർണമായും കർമ്മം ഉപേക്ഷിക്കപ്പെടുന്നു പക്ഷേ കർമ്മം ഏത് കർമ്മമാണെങ്കിലും ഈ ത്യാഗി ചെയ്യും ഉപേക്ഷിച്ചിട്ട് ചെയ്യാണ് ഈ സെൻ ബുദ്ധിസത്തില് ഒരു ഭിക്ഷു ഇങ്ങനെ പോണു അയാളുടെ അടുത്ത് പറഞ്ഞാൽ ഞാനൊന്നു തന്നെ അർത്ഥം ഒരാൾ ചോദിച്ചു വാട്ട് ഈസ് അയാൾ ഒരു വലിയ ബാണ്ഡം പൊക്കിക്കൊണ്ടാണ് പോണത് ആ ബാണ്ഡം ചവിട്ടിൽ വെച്ചു എന്നിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്നു വാട്ട് ഈസ് വീണ്ടും ആ ബാണ്ഡെടുത്ത് തോളിൽ വെച്ച് നടന്നു ഇതാണെന്ന് വെച്ചാൽ ആദ്യം കർമ്മമൊക്കെ ഉപേക്ഷിച്ചു നിഷ്ക്രിയമായ നിസ്സംഗമായ ആത്മസ്വരൂപത്തിനെ സാക്ഷാത്കരിച്ചു എന്നിട്ട് തന്റെ പ്രാരബ്ദത്തിന് ബാണ്ഡ പിന്നീട് മേലെ വളരെ ലാഗവതോട് കൂടെ വെച്ചുകൊണ്ട് പോവാം എന്ത് വേണമെങ്കിൽ ആവട്ടെ എന്താ തലയിൽ എടുത്തത് ചായ്ക്കൊട്ടേ ഞങ്ങൾ കൂട്ടക്കൊട്ടോട് പോവാണ് അല്ല എന്താ പുങ്ക വിഷയക്ഷണതത്വരൂപ ബ്രഹ്മാവലോകധിഷണാമന ജഹാതി യോഗി ചെറിയ ചെറിയ വിഷയങ്ങളിൽ തലയിട്ട് ഇൻവോൾവായി പ്രവർത്തിക്കേണ്ട തലയിൽ എടുത്ത് വന്നാൽ പോലും താൻ ബ്രഹ്മമാണെന്നുള്ള അനുഭവം ഒരു ക്ഷണ ഒരു യോഗി വിട്ടു കൊടുക്കണില്ല മറന്നേ പോണില്ല തന്റെ സ്വരൂപത്തിന് മറന്നുപോവാതെ ലോകത്തില് പ്രവർത്തി ചെയ്യുന്ന ഒരു കൗശലം വ്യയമണയാതെ വേല ചെയ്യും വഴി എന്നാണ് നാരായണ ഗുരുസ്വാമി പറയണം വേല ചെയ്യുന്ന ഒരു വഴി ആ കർമ്മരഹസ്യം അറിഞ്ഞ ആൾക്ക് പ്രവൃത്തിയൊക്കെ ആനന്ദമാണ് പ്രിയമാണ് സിംപ്ലി എൻ എക്സ്പ്രഷൻ ഓഫ് ഹിസ് ഹാർട്ട് ലവ് ഒന്നും നേടിയെടുക്കാനോ കിട്ടാനോ ഇല്ല എന്നാൽ അങ്ങനെയുള്ള സ്ഥിതിയിലിരുന്ന് കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം പൂർണ്ണമായിട്ട് തീരും ശരീരമുള്ളവരേക്കും ആർക്കും കർമ്മത്തിനെ ഉപേക്ഷിക്കാനൊക്കില്ല അടുത്ത ശ്ലോകം നോക്കും ുംശേഷതീയശ്യം കർ അശേഷത ശങ്കരാചാര്യർ ചെറിയൊരു കാര്യം ഇവിടെ കൊണ്ടുവച്ചു ദേഹഭൃത് എന്ന് പറഞ്ഞാൽ ശരീരം ഞാനാണെന്ന് ധരിക്കണവരെ കർമ്മം ഉപേക്ഷിക്കാൻ പറ്റില്ല ശരീരം തനിക്കുണ്ടെന്ന് അറിയ വിചാരമുള്ളവരെ അജ്ഞാനം ഉണ്ട് അജ്ഞാനമുള്ളവരെ കർമ്മം നിശേഷമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റില്ല അല്ലാതെ ഈ ശ്ലോകത്തിന് ശരീരമുള്ളവരെ കർമ്മം ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന സാമാന്യ അർത്ഥം മാത്രം എടുത്താൽ പോരാന്നു ജ്ഞാനി കർമ്മം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കും എങ്ങനെ ഉപേക്ഷിക്കുന്നുവെച്ചാൽ ആത്മജ്ഞാനം കൊണ്ട് ആത്മാവിൽ ഒരു കർമ്മവും അറിയും അത് നമുക്ക് മനസ്സിലാവുകയില്ല അതെങ്ങനെയാന്ന് എന്നിട്ട് ഗംഭീരമായിട്ട് കർമ്മം ചെയ്യും ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഇപ്പൊ ശങ്കരാചാര്യരെ പോലെ ആരും പ്രവർത്തിച്ചു ഇല്ലേ ഇവിടുന്ന് അതുവരയ്ക്കും അവിടുന്ന് ഇതുവരെയ്ക്കും മുപ്പത്തിരണ്ട് വയസ്സിനുള്ളിൽ പല സ്ഥലം നടന്ന് ഭാരതത്തിൽ എവിടെ പോയാലും കേൾക്കാനുള്ള നാമതാണ് എങ്ങനെ ചെയ്തു എട്ടു വയസ്സ് തൊട്ട് തുടങ്ങിയിട്ട് ഇത്രയും കർമ്മം ചെയ്തു എന്നിട്ട് പറയണു ഒന്നും ചെയ്യടില്ല എന്നാണ് അസങ്കോഹം അസംഗോഹം അസങ്കനാണ് സച്ചിദാനന്ദേറ്റത്താഴില്ലാത്ത പൂർണ്ണ വസ്തുവാണ് ജ്ഞാനൻ ആ ജ്ഞാനത്തിലുള്ളവന് കർമ്മം അയാളുടെ കർമ്മം അല്ലാതെ അപ്പോ ആ കർമ്മത്തിന്റെ ഇഫക്റ്റും അയാളെ തൊടില്ല അപ്പോ സുനാമി വന്ന സുനാമി അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ നമ്മൾ ചെറുതായിട്ടൊരു സ്കൂട്ടർ മുട്ടിയാ പിടിച്ചോണ്ട് പോയി കളയും സുനാമി വന്നിട്ട് ഒരു പത്ത് പേരെ കൊണ്ടുപോയാൽ അതിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ കോടതിയിൽ കയറ്റാൻ പറ്റുമോ എന്തുകൊണ്ട് അത്രേ പറയാൻ പറ്റൂ അതിന് ഈഗോവും ഇല്ല ഒന്നുമില്ല ഞാനി അതുമില്ല അപ്പൊ ഞാനിങ്ങനത്തെ കർമ്മമൊക്കെ ചെയ്യോ ചെയ്യില്ല പക്ഷെ ചെയ്യേണ്ടി വന്നാലും അയാളൊന്നും പൊറപ്പല്ല ചെയ്യില്ല ആ കർമ്മം ഈശ്വര നിയത്തി കാരുണ്യം അതിന്റെ പൊതുവെ പ്രവർത്തന രീതി ബുദ്ധനെ പോലെ ശങ്കരനെ പോലെ നാരായണഗുരുസ്വാമിയെപ്പോലെ അമണ മഹർഷിയെപ്പോലെ രാമകൃഷ്ണ പരമഹംസരെ പോലെ വിവേകാനന്ദ സ്വാമിയെപ്പോലെ അത് അറിയാതെ അറിയാതിരിക്കുന്ന എത്രയോ മഹാപുരുഷന്മാരെ പോലെ ഒരു കബീർ പോലെ ഒരു ഏകനാഥ് പോലെ ആ കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മം ദിവ്യമായിട്ട് തീർന്നു അവരുടെ ശരീരത്തിൽ ഇതാണ് ചിന്താമണി വിദ്യയാണ് ചിന്താമണി കൊണ്ട് ഒന്നിനു തൊട്ടാൽ സ്വർണ്ണമാക്കെന്ന് പറയണ പോലെ ഈ വിദ്യകൊണ്ട് അവനവൻ ഇരിക്കുന്ന ഫീൽഡിൽ ഒന്ന് തൊട്ടാൽ അതങ്ങനെ ജ്വലിക്കുകയാണ് യോഗമായിട്ട് മാറുക അത് ആ വിദ്യയെ നമ്മളുടെ ഉള്ളിൽ ബോധിപ്പിക്കാൻ ഭഗവാൻ ഇത്രയൊക്കെ ഞാനൊക്കെ ഉപദേശിച്ച് ഗീതയിൽ അവസാനം വരുമ്പോൾ ഈ സ്വഭാവം പ്രകൃതി എന്നുള്ളതിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ പ്രകൃതിയെ പറഞ്ഞിട്ട് ആ പ്രകൃതിയെ വിട്ടു പോവാൻ കഴിയാത്തത് ഈ പ്രകൃതി എങ്ങനെങ്കിലും ഒരു വയറ് വെച്ചിട്ട് അന്തർയാമിയായിട്ട് കണക്ഷൻ കൊടുക്കും അർജുന അപ്പൊ ഈ പ്രകൃതിയുടെ ഉള്ളില് അന്തർയാമിയുടെ ലൈറ്റ് വരും ഒരു ജ്യോതി വരും ആ പ്രകൃതിയെ കംപ്ലീറ്റ് അതല്ലാതെ അവരെ വഴിയില്ല എന്നുള്ളത് കൊണ്ട് ഭഗവാൻ പറയുകയാണ് കർമ്മഫലത്യാഗി സത്യാഗീത്യഭീതിയെ കർമ്മത്യാഗിയല്ല കർമ്മഫലത്യാഗി കർമ്മത്തിനെ ത്യജിച്ചില്ല താൻ ഗംഭീരമായിട്ട് ലോകത്തിൽ പ്രവർത്തിച്ചു എന്നിട്ട് പലതും സമ്പാദിച്ചു പലതും നേടിയെടുത്തു എന്നിട്ടുണ്ടല്ലോ ഒരു കഥ മനോഹരമായ ഒരു കഥ ബുദ്ധ ബുദ്ധകഥയില് ഒരു വഴിയാത്ര ചെയ്യുന്ന ആള് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് വൈശാലി എന്ന് പറയുന്ന നഗരത്തിലേക്ക് വന്നു അവിടെ ഒരേ ആഘോഷം നമുക്ക് കൽപ്പാത്തി തൃശൂർ പൂരം എന്നൊക്കെ പറഞ്ഞ തോരണം കെട്ടുന്ന പോലെ വലിയ തോരണമൊക്കെ കിട്ടിയ ആഘോഷം എന്താ ഇവിടെ ആഘോഷം നോക്കിയപ്പോ അയാൾക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല എന്താന്ന് വെച്ചാൽ രാജാവിന്റെ ഖജാനാവ് കാക്കുന്ന ഒരു ജമീന്ദാറുണ്ട് അയാൾ വലിയ പണക്കാരനാണ് അയാൾ ഊണ് കഴിക്കുന്നത് അന്ന് നാട്ടുകാർക്കൊക്കെ കാണാൻ പറ്റും അത് ആ നാട്ടിലൊരു ഉത്സവം എന്താന്ന് വെച്ചാൽ വിഭവമായിട്ടുള്ള ഊണാണ് അത് വർഷത്തിൽ ഒരു ദിവസം നാട്ടുകാരുടെ മുമ്പിൽ ഇരുന്ന് കഴിക്കുമ്പോൾ കൊടുക്കൊന്നുമില്ല അപ്പൊ അതിന് ഒരു നല്ല ജനലൊക്കെ തുറന്നു വെച്ച് അതിനു മുമ്പിൽ നല്ല സ്വർണ തളികയില് ആളുകളൊക്കെ എത്തി എത്തി ആളുകൾക്ക് ഇന്നതൊന്നും വിവരമൊന്നുമില്ലല്ലോ അല്ലേ നമ്മളുടെ ആശ്രമത്തിൽ തന്നെ കാണാം ചില പ്രസിദ്ധമായ ആളുകളൊക്കെ വരുമ്പോ ജനങ്ങളുണ്ട് ഒരു നാണവുമില്ല അവര് പോയി മുറിയിൽ പോയി അടച്ചിരുന്ന ജനലിൽ കൂടെ എത്തി നോക്കും ഒരു ഒരു സ്വാത്മാഭിമാനേ ഇല്ല എന്ത് അവരുടെ എന്തോരൊരു ഭ്രമം അതുപോലെ ഈ ഊണ് കാണാൻ ജനങ്ങളുടെ തിരക്കാണ് ഭയങ്കര തിരക്ക് ആ തിരക്ക് ആളുകൾ മരത്തിൻ്റെ മുകളിൽ കയറി ഇരുന്ന് ജനലിൻ്റെ ഉള്ളിൽ നോക്കണു ഇയാൾ ഊണ് കഴിക്കണത് കാണാനായിട്ട് ചിലർ ജനലിൽ എത്തി നോക്കണു ഇന്നത്തെ പോലെ ഈ ടി വി ഇതൊന്നുമില്ലല്ലോ ഉണ്ടെങ്കിൽ കാണിച്ചിട്ടുണ്ടാവും ഇയാൾ ഊണ് കഴിക്കണത് കാണാനായിട്ട് ഇപ്പോൾ വെസ്റ്റിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ ചിലർ ചെയ്യണ ചില വേണ്ടാ തരങ്ങളൊക്കെ വലിയ കാര്യമാണ് അതുപോലെ ഇയാൾ ഊണ് കഴിക്കണത് കാണാൻ ജനങ്ങളുടെ ഭയങ്കര തിക്കും തിരക്കും അപ്പൊ അതിന്റെ പണം ആ ഊണിന്റെ ഗന്ധം അതിങ്ങനെ വരണു അത് നമുക്ക് കിട്ടുമെങ്കിലെങ്കിലും വല്ല ആഗ്രഹമുണ്ടാവും ഇത് കിട്ടൂല്ല അതിങ്ങനെ ആ ഗന്ധം ഇങ്ങനെ അതിന്റെ സുഗന്ധം എങ്ങനെ വരണു അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ വന്ന യാത്രികനുണ്ടല്ലോ ചെറിയ പയ്യനാണ് പാവം ഒരു പത്ത് പതിനാറ് വയസ്സായ പയ്യൻ അയാൾ കാണാൻ പയ്യ ഈ മരത്തിലേക്ക് കയറിക്കോളൂ പുളി മരത്തിന്റെ മുകളിൽ കയറി കയറിട്ട് ജനലിൽ കൂടെ നോക്കിയ ആള് ഈ വിഭവസമൃദ്ധമായി സ്വർണത്താലികളില് പല ഭക്ഷണങ്ങൾ വെച്ച് കഴിക്കണത് കണ്ടതും അവിടെ ബോധം കിട്ടി ചോട്ടിലേക്ക് വേണം എണീറ്റ ഉടനെ ഇയാൾക്കൊരു ഭ്രമം പിടിച്ചു ആ ഊണ് എനിക്ക് വേണം ഞാൻ എന്ത് ത്യാഗം ചെയ്യാനും തയ്യാറാണ് നാട്ടുകാരൊക്കെ പറഞ്ഞു തനിക്ക് ഭ്രാന്തണ്ടോ ലക്ഷക്കണക്കിന് വിലയാതന അത് നമുക്ക് കിട്ടില്ലാന്ന് എനിക്ക് ആ ഊണ് വേണം അപ്പൊ ഇവരൊക്കെ പോയി ആചിച്ചു ആ ജമീന്ദോട് അയാൾ പറഞ്ഞു ദേ എന്താ കളിയോ തമാശ ഇതു ഇത് വേണമെങ്കിൽ ഇവൻ ഒരു വർഷക്കാലം എന്റെ വീട്ടില് പണിയൊക്കെ ചെയ്യണം ഒരു വേതനമില്ലാതെ പണിയെടുക്കണം ഒരു ദിവസം ഇത്ര വേതനമെന്ന് കണക്കാക്കി ഈ ഊണിന്റെ പണമായി കഴിയുമ്പോൾ ഇയാൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ ഊണ് കൊടുക്കാം വിഡിത്താണ് ഇയാൾ പറഞ്ഞത് സംജാനങ്ങൾ പക്ഷെ ഈ പയ്യൻ്റെ അടുത്ത് ചെന്നത് പറഞ്ഞു ധാരാളമായിട്ട് ഞാൻ ചെയ്യാമെന്നാണ് അയാൾക്ക് ആ ഊണിനോട് ഭക്തി അയാൾ രാവും പകലുമായിട്ട് ഈ ജമീന്ദാരുടെ വീട്ടിൽ പണിയെടുത്തു നാട്ടുകാരൊക്കെ കാണുമ്പോൾ മൂക്കത്ത് വിരലുവെക്കും മുഖത്തിൽ കാളയെ പൂട്ടുകയും കൊയ്ത്ത് നടത്തുകയും കളവറിക്കുകയും അടിച്ചുതെളിക്കുകയും പാചകം ചെയ്യും എല്ലാം ഒരു വർഷക്കാലം പണി ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞ് അവസാനം ഈ ജമീൻദാർ ഊണ് കഴിക്കണതിനേക്കാളും വലിയ തിരക്ക് എന്താന്ന് വച്ചാൽ ഇയാൾക്ക് അന്ന് കൊടുക്കാൻ പോവാണ് ഈ പയ്യനെ അപ്പൊ അയാൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഊണ് കൊടുത്ത് ആ ജമീന്ദാർ പറഞ്ഞു അങ്ങനെ അർഹതയുണ്ടപ്പ ഒരു വർഷം രാവും പകലുമായി പണിയെടുത്ത് നീ ഇത് സമ്പാദിച്ചിരിക്കണു എന്ന് പറഞ്ഞ് വിളമ്പി കൊടുത്ത് സമൃദ്ധമായിട്ട് വിളമ്പി അത്ര ജനങ്ങളും ആ ജനലിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭിക്ഷു വന്നിങ്ങനെ ഭഗതി ഭിക്ഷം ചോദിച്ചിട്ട് ഇവർ ഊണ് കഴിക്കാൻ പോവാണ് ഈ പയ്യൻ ഊണ് കയ്യിലെടുത്തതും ആ ഭിക്ഷുവിനിങ്ങനെ കാണും ഇവന് താൻ ഒരു വർഷം സമ്പാദിച്ചതിന്റെ ഓർമ്മയില്ല ഊണിലുള്ള ആർത്തി ഓർമ്മയില്ല താൻ ആശിച്ചത് ഓർമ്മയില്ല ഒരു കോൺഷ്യസ് അല്ലാതെ അൺകോൺഷ്യസായിട്ട് ആ പാത്രം അങ്ങനെ എടുത്തുകൊണ്ടുപോയിട്ട് ആ ഭിക്ഷുവിന്റെ ഭിക്ഷാപാത്രത്തിരിക്കണം ആ കഥ പറയണത് ആ ക്ഷണം അവൻ വിമുക്തനായിട്ട് തീർന്നു നിവൃത്തനായിട്ട് തീർന്നുകൊണ്ട് ഒരു ചെറിയ കാര്യം അല്ലെ കർമ്മബലത്യാഗി സത്യാഗീ അതിനുവേണ്ടി പണിയെടുത്തു അതിൽ ഇൻവോൾവ് ആയി കംപ്ലീറ്റ് ആയിട്ട് ആശിച്ചു ആഗ്രഹിച്ചു ചെയ്ത് സമ്പാദിച്ച് കയ്യിൽ കൊണ്ടുവന്നിട്ട് ചിന്തിക്കുക ചെയ്യാതെ കൊടുക്കൊടുത്തു സത്യാഗീത്യെ ഭഗവാൻ പറഞ്ഞു നമുക്കൊക്കെ അത് ചെയ്യാണ് നമ്മൾ ഇൻവോൾവ് ആവണോ ഓഫീസിൽ ജോലി ചെയ്യണു കമ്പനിയിൽ പോയി ജോലി ചെയ്യണു അപ്പൊ ഒരുപാട് രാവും മുതലായും മനക്കെടണം എന്നിട്ട് സമ്പാദിച്ചു സമ്പാദിച്ച് കുറെ കഴിയുമ്പോൾ നമ്മുടെ കാണും നമുക്ക് ആവശ്യമില്ലല്ലോ ചിലരുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് സമ്പാദിച്ചൊരുപാട് കൂട്ടി എല്ലാം കണ്ടു തൃണമായിട്ട് കൊടുത്തിട്ട് പുറത്തേക്ക് വന്നു ശൃങ്കേരിയിലൊരു സ്വാമികളുണ്ടായിരുന്നു ഇപ്പൊ അദ്ദേഹം ഇല്ല സമാധി രാമാനന്ദ് ഭാരതി അദ്ദേഹം പറഞ്ഞു ഞാന് കുട്ടിക്കാലത്ത് വലിയ ജോലി ചെയ്തു ഒരുപാട് സമ്പാദിച്ചു പിന്നെ അതൊക്കെ കുടുംബക്കാരൊക്കെ കൊടുത്തിട്ട് ഇവിടുന്ന് നടന്നു ഹിച്ച് ഹൈക്കിംഗ് നടന്ന് ജർമ്മനി വരയ്ക്കും നടന്നു പോയി ഈ കാബൂൾ ഇസ്താംബൂൾ അങ്ങനെ വഴി പോയിട്ട് യൂറോപ്പ് വരയ്ക്കും പോയി നടന്നിട്ടും ലോറിയിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വഴിയിലെവിടെങ്കിലും പണിയെടുക്കും കിട്ടുന്നത് കൊണ്ട് ഭക്ഷിക്കും അങ്ങനെ പോയി അവിടെ പോയിട്ട് ഡോക്ടറേറ്റൊക്കെ എടുത്തു പലതും ചെയ്തു തിരിച്ചു വന്നു തിരിച്ചു ചെറിയൊരു ഭൂമി വാങ്ങിച്ചു ആറ് ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചു അത് അമ്പത് ലക്ഷത്തിനു വിറ്റു പത്തൊമ്പത് ബാത്റൂമുള്ള ഒരു വീട് വാങ്ങിച്ചു അദ്ദേഹം പറഞ്ഞതാ അവസാനം അത് മുഴുവനും പൈസ മുഴുവൻ വിറ്റിട്ട് മഠത്തിൽ കൊടുത്തിട്ട് സന്യാസിയായിട്ട് നടക്കുക കയ്യിൽ അര പൈസ ഇല്ല ഒരു സാധാരണ മനുഷ്യൻ കയ്യിൽ അര കാശില്ല ദീക്ഷാന്തേഹിയായിട്ട് കയ്യില് ബസ് പൈസ പോലുമില്ല ആരെയും കൂട്ടിക്കൊണ്ടുപോകണം സ്വതന്ത്രമായിട്ട് പറയാ ഈ സന്തോഷം അതിലില്ല ഇവരെങ്ങനെ ചെയ്യണോ എന്തോ പൂർവ്വകർമ്മം സുഹൃത്തം ഉള്ളിലുള്ള അന്തര്യാമി ചിലരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം ചിന്തിച്ചുകൊണ്ടിരുന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല വിടണം എന്തുവിടും തിരിത്തിരിയായിട്ട് പാക്കറ്റിൽ കൈയിടുമ്പോ വിഷക്കാരൻ ചോദിക്കുമ്പോൾ ഒരു രൂപ കൊടുക്കണം തോന്നും പുറത്തു വരുമ്പോൾ അമ്പത് പൈസയാവും നാടാ കൊടുക്കാമെന്ന് മനസ്സിന് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ സത്സംഗത്തിൽ നിന്നും വരുന്ന ഊക്കം അതിന് വേണം ബലം വേണം അതാണ് ഭഗവാൻ സത്വസമാവിഷ്ടഹ മേധാവി ചിഹ്ന സംശയ കുശലം കർമ്മ അകുശലം കർമ്മ ഒക്കെ വിട്ട് കർമ്മഫലത്യാഗി സത്യാഗിത്യവിധിയത് കർമ്മഫലത്തിനെ യാതൊരു അറ്റാച്ച്മെന്റും ഇല്ല അത് ഭഗവാൻ അർപ്പണം ചെയ്യുന്നവൻ ത്യാഗിയാണ് അർജനം ഒരു ഭയമില്ലാതെ വിഷമില്ലാതെ കൊടുക്കണം യോഗവാസിഷ്ടത്തിൽ ഭഗീരഥൻ തന്റെ സാമ്രാജ്യത്തിന് തന്നെ അങ്ങോട്ട് കൊടുത്തിട്ട് പോവാ സത്യാഗിത്യധീയത അനിഷ്ടം ഇഷ്ടം മിശ്രം ചിവിധം കർമ്മണഫലം അത്യാഗിനാം പ്രേത്യ യാസിനാം ഭഗവാൻ പറയാണ് കർമ്മങ്ങൾ മൂന്നു വിധമുണ്ട് ഇഷ്ടപ്പെടുന്നത് അതായത് ഇഷ്ടപ്പെടുന്ന ഫലം തരണത് ഇഷ്ടപ്പെടാത്ത ഫലം തരണത് മിക്സഡ് മിക്സഡ് മിശ്രം പക്ഷേ ഈ മൂന്നും ആർക്കാന്ന് വെച്ചാൽ അത്യാഗിനാം ത്യാഗികളല്ലാത്തവർക്ക് ത്യാഗിക്ക് മൂന്നുമില്ല അർജുനാണ് अष्ट कर्म इष्ट कर्मश्रर्म अल कर्म कर्म फल याद अब व्याकुन सर्शन निष्ठ अ ആത്മജ്ഞാന നിഷ്ഠകൊണ്ട് അവിദ്യയുടെ അജ്ഞാനത്തിന് ബീജം പറിച്ചു കളഞ്ഞ ആളാണ് അയാൾ അതുകൊണ്ട് അയാൾക്ക് കർമ്മം അയാളെ ബന്ധിക്കുന്നേയില്ല രമണ മഹർഷിയോട് ഒരാൾ ചോദിച്ചു കർമ്മ യോഗം എന്താണെന്ന് ചോദിച്ചു മഹർഷി പറഞ്ഞു കർമ്മം ചെയ്യുന്ന ആൾ ആരാണെന്ന് നോക്കൂ ഞാൻ ചെയ്യണു ഈ ഞാൻ ആരാ ഈ ഞാൻ എന്ന് ഈ അഹങ്കാരത്തിന്റെ സ്വരൂപം എന്താണ് എന്ന് ആരായുമ്പോ ഞാൻ എന്ന് പറയണ അഭിമാനം എവിടുന്നു ഉദിക്കണു അതിന്റെ സ്വരൂപം എന്താണെന്ന് ഉള്ളിൽ ചകഞ്ഞു നോക്കുമ്പോ അതിനെ കാണാനേ ഇല്ല ഉള്ളി വേർ പിരിച്ചു നോക്കിയ ഒന്നും ഉള്ളിൽ ഇല്ലാതാവുന്ന പോലെ ഈ അഹങ്കാരത്തിനെ പിരിച്ചു നോക്കിയാ അഹങ്കാരത്തിനെ കാണാനേ ഇല്ല അഭിമാനത്തിനെ അവിടെ കാണാനേ ഇല്ല പിന്നെ ആര് കർമ്മ ചെയ്യണു കരോത്തി കർമ്മയെ തീരോ വിചാരിൻ ബാധ്യോ ഭവേത് കർമ്മം ചെയ്യണമെന്ന് വിചാരിച്ചാൽ ബാധ്യനായിട്ട് തീരും കർമ്മഫലം ചോക്തും കർമ്മഫലത്തിനെ അനുഭവിക്കാനും അയാൾ ബാധ്യസ്ഥനായിട്ട് തീരും വിചാരം കൊണ്ട് കർത്താവ് സ്വരൂപം എന്താണെന്ന് ആരായുമ്പോ കർമ്മത്രയം നശ്യത്തി കർമ്മത്തിന്റെ ബന്ധം അയാൾക്കില്ല അല്ലെങ്കിൽ ഈ കർമ്മത്തിനുള്ളിൽ വീണാൽ പുറത്തു വരാനൊക്കെ അല്ലായിരുന്നു കർമ്മം തത്വമറിഞ്ഞ് ചെയ്യുന്ന ആൾക്ക് പരമാർത്ഥദർശിന അശേഷ കർമ്മ സന്യാസി അവിദ്യധ്യാരോപിതത്മനിക്രിയാക ഫലാനാം കർത്താവാണെന്നും കർമ്മം ചെയ്യണമെന്നും ഒക്കെ തോന്നുന്ന ഈ അഭിമാനമൊക്കെ ഉണ്ടല്ലോ ആത്മാവില് സ്വരൂപത്തില് ആരോപിതമാണ് എന്നുള്ളതാണ് വേദാന്തം വാസ്തവത്തില് സ്വരൂപത്തില് ഒരു കർമ്മമോ ഒന്നും സംഭവിക്കണില്ല ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മമോ മനസ്സിലുള്ള ചിത്തവൃത്തികളോ സൂക്ഷ്മ ശരീരത്തിലുള്ള സങ്കല്പങ്ങളോ കാരണശരീരത്തിലുള്ള അവിദ്യയോ ഒന്നും സ്വരൂപത്തിലില്ല ഇതറിഞ്ഞ ആൾക്ക് ഈ കർമ്മത്തിനെ കർത്തൃത്വത്തിനെ തന്നിൽ ആരോപണമേ ചെയ്യണില്ല നാഹം കർത്ത നാഹം ഭോക്ത അതാണ് മരുന്ന് അഷ്ടാവക്രഗീതയിൽ പറഞ്ഞു നമ്മള് അഹം കർത്തേതി അഹം മാന മഹാകൃഷ്ണാഹിതം ഉള്ളിലൊരു പോയ്സൺ കയറിയിരിക്കണോ എന്താന്ന് വെച്ചാൽ ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണ് അതിനു മരുന്നെന്താഹം കർത്തേതി വിശ്വാസ അമൃതം പി ഞാൻ കർത്താവല്ലാന്ന് ഒരു അമൃതം കുടിക്കുന്നു സുഖമായിട്ട് ചെയ്യുക ഭഗവാന് സമർപ്പണം ചെയ്ത് ഈ കർമ്മത്തിന്റെ ബന്ധത്തുനിന്ന് വെളിയിൽ വരിക കർമ്മ ചേട്ടി അഞ്ച് കാരണങ്ങൾ വേണം പഞ്ചയിതാബാഹു അടുത്ത ശ്ലോകം നോക്കുക പഞ്ചയിതാബാഹുബോധമേ സാഖ്യേത സിദ്ധയേകർമ്മ ഹേ മഹാബാഹോ പഞ്ചയിതാന അഞ്ച് കാരണങ്ങളെ ഞാൻ മുമ്പ് തന്നെ തന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സാങ്ക്യശാസ്ത്രം പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സാഖ്യം എന്ന് വെച്ചാൽ ജ്ഞാനം എന്നർത്ഥം സാഖ്യദർശനമല്ല ഇവിടെ ജ്ഞാനത്തില് പറഞ്ഞിട്ടുണ്ട് കർമ്മത്തിന്റെ പൂർണ്ണ നിവൃത്തിക്കുള്ള വഴി പറഞ്ഞിട്ടുണ്ട് സിദ്ധയെ സർവകർമ്മണം അഞ്ച് കാരണങ്ങൾ ഒരു കർമ്മം ചെയ്യാൻ അഞ്ച് കാരണങ്ങളാണ് പഞ്ചയിതാനി മഹാബാഹു അഞ്ച് എന്താണ് നമ്മൾ നോക്കാം അധിഷ്ഠാനം തഥാ കർത്താം ृथक् विपु चिंतीक श्लोक नींती सामयू नोक अतिष्ठान कर्ताव कवृत्ति ഴിഞ്ഞ അഞ്ചാമതൊരു കാരണം നമ്മളുടെ ഓരോ ആക്ഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു അൺസീൻ പവർ ഉണ്ട് അതിന് ദൈവം എന്ന് പറയണു ദൈവം എന്ന് അർത്ഥത്തിലല്ല നീയത്തി ഡസ്റ്റിനി ആ ഡെസ്റ്റിനി എന്താണ് ഒരു ഉത്തരമേ പറയാൻ പറ്റുള്ളൂ പഴയ കർമ്മത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയും പഴയ കർമ്മത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആകുമ്പോ നമ്മൾ കാർ എത്ര വെണ്ണം നല്ല വെണ്ണം ഓടിച്ചാലും നേരെ ഓപ്പോസിറ്റിൽ വരുന്ന ആൾ ശരിക്കും ഓടിച്ചിട്ടില്ലെങ്കിൽ മതി നമ്മളുടെ കാര്യം കുഴപ്പത്തിലാവാൻ നമ്മളുടെ ഫിഫ്റ്റി പെർസെന്റ് നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്താലും അവിടുന്ന് വരുന്ന ഫിഫ്റ്റി പെർസെന്റിന്റെ കാര്യം നമുക്ക് നിശ്ചയില്ലേ അതിനെയാണ് ദൈവം എന്ന് പറയണത് അതൊരു ചിന്തിയമായ വിഷയമാണ് നമ്മളുടെ ഫിഫ്റ്റി പെർസെന്റിൽ നമുക്ക് ഫ്രീഡം ഉണ്ട് പോലെ തോന്നും മറ്റേ ഫിഫ്റ്റി പെർസെന്റിൽ നമുക്ക് ഫ്രീഡമേ ഇല്ല ആ ഫിഫ്റ്റി പെർസെന്റിന്റെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യും അതിനാണ് നമ്മൾ സൊസൈറ്റിയൊക്കെ ഉണ്ടാക്കിയൊക്കെ ശരിയാക്കാൻ നോക്കുന്നത് എന്തൊക്കെ ചെയ്താലും കർമ്മം പെർഫെക്റ്റ് ആവാൻ സമ്മതിക്കാതെ ഒരു ഹേതു അതിനെ അഫക്റ്റ് അതിനെ ബാധിക്കും ഈ അഞ്ചും ഒന്നിച്ചങ്ങട് കീറാമ്പുട്ടിയെടുത്ത് എറിയാൻ വല്ല വഴിയുണ്ടോന്നാണ് നോക്കണം ഞാനി അതാണ് നോക്കുന്നത് ഈ അഞ്ചും കടന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമോ ഈ ചെയ്യുന്ന ആള് ചെയ്യിപ്പിക്കുന്ന ഫോഴ്സ് അതിന്റെ റിസൾട്ട് ചെയ്യുന്ന ഉപകരണം റിസൾട്ടിന് അഫക്റ്റ് ചെയ്യുന്ന ഒരു പവർ ഈ അഞ്ചും മാറ്റിവെച്ച് സ്വതന്ത്രമാവാൻ വഴിയേണ്ടത് ഒരാൾ നാടകത്തിൽ നടിക്കാൻ പോയി എന്തൊക്കെയോ റോള് കൊടുത്തു അയാൾ പറഞ്ഞു ഇതൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് നടിക്കാൻ അറിയില്ല എന്നാ ശരി വീട്ടിലേക്ക് പോയിക്കോളൂ എനിക്ക് നടിക്കണം എന്ത് ചെയ്യും ഞാൻ കാവൽക്കാരനായിട്ട് നിന്നോളാം സാക്ഷി മിണ്ടാതിരുന്ന കർമ്മം ചെയ്യണം ചെയ്യാതെ നിർത്തില്ല കർമ്മത്തിന്റെ അഫക്റ്റ് നമ്മളിൽ ഇണ്ടാവാൻ പാടില്ല സ്വതന്ത്രമാവണം ഒരു ഒരു ഒരു എക്സ്പ്ലോഷനാണ് ഒരു സീക്രട്ട് തുറക്കം നോക്കുകയാണ് ഇവിടെ നമ്മൾ അതാണ് ഭഗവാൻ ഇവിടെ പറയണത് എങ്കിലും വെളിയിൽ പോവാമെന്ന് ഇതൊക്കെ വിട്ടിട്ട് ഋഷികേശിൽ പോയി മെഡിറ്റേഷൻ ചെയ്യുന്നു അത് നമുക്ക് പറ്റുന്നില്ല അവിടെ പോയാൽ അവിടെയും പന്തം കൊളുത്തിയ പടാന്ന് പറയുന്ന പോലെ പ്രശ്നങ്ങൾ വരും അപ്പൊ ശരി ഇവിടെ തന്നെ ഇരിക്കണ സ്ഥലത്ത് അതിനാണ് യുദ്ധഭൂമിയിൽ തുടങ്ങിയത് അർജുന് ഗീത ഉപദേശിക്കാൻ കൃഷ്ണന് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു മുക്കിലിരുത്തിയിട്ട് ഉപദേശിച്ച പോരായിരുന്നു ഈ യുദ്ധഭൂമിയിൽ കൊണ്ടുചെന്ന് നിർത്തിയിട്ട് വലിയ സവ്യസാക്ഷിയായിട്ടുള്ള ധനുദ്ധാരിയായിട്ടുള്ള ആ യോദ്ധാവിനെ പിടിച്ചു നിർത്തിയിട്ട് പറയാണ് ഗീത ഉപദേശിക്കുകയാണ് സഖാ സഖായ പ്രിയമായിട്ട് ആസ് എ ഫ്രണ്ട് നോട്ട് ഇവൻ ആസ് എ ടീച്ചർ അവിടെ പറഞ്ഞിട്ട് അർജുനനെ ഒരു രഹസ്യം പറഞ്ഞ് ബോധിപ്പിക്കുകയാണ് നീ കർമ്മം ചെയ്യണം പക്ഷെ ഒന്നും ചെയ്യരുത് കർമ്മണി അകർമ്മയ പശ്യേത് അകർമ്മണിച്ച കർമ്മയ സ ബുദ്ധിമാൻ മനുഷ്യേഷു കർമ്മം അകർമാത്മദർശിയായിട്ട് കർമ്മം ചെയ്യണം ഒന്നും ചെയ്യണില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യും അതെങ്ങനെയാണ് കൃഷ്ണ നടക്കും വേണം എങ്ങനെ നടക്കും സ്ഥിതിഗതിവന് വിരോധ അതിന് നീ പലതും അറിയണം അർജുന നീ ചെയ്യണത് മാത്രല്ല ആക്ഷൻ എന്റെ ചുവട്ടിലൊരു കാര്യമുണ്ട് ഒരാന കൽപ്പാത്തിയിൽ നിന്നും ലയൻസ് സ്കൂളിലേക്ക് വരണം ആ ആനയുടെ ഒരു മേലെ ഒരു ഉറുമ്പ് തുമ്പിക്കൈയിൽ നിന്നും വാൽഭാഗത്തിലേക്ക് നടക്കുകയാണ് ആ ഉറുമ്പ് വിചാരിക്കുകയാണ് ഞാൻ ഒലോക്കോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഈ ഉറുമ്പ് ഒലോക്കോട് എത്തുമോ എത്തില്ല ഒലവക്കോട് എത്തില്ലാന്ന് മാത്രല്ല ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവായിക്കൊണ്ടേയിരിക്കുകയാണ് ഇൻസ്പൈറ്റ് ഓഫ് ഇറ്റ്സ് ആക്ഷൻ ടു വേർഡ്സ് ഗോൾ അല്ലേ അതിന്റെ ആക്ഷൻ എന്താണ് ഒരു ഗോൾ മുമ്പിലുണ്ട് ഒലോവക്കോട് അത് കറക്റ്റ് ായിട്ട് ഏത് ഒലോക്കോട് സൈഡിലേക്ക് വടക്കോ തെക്കോ ഏതാ വടക്കോട്ടോ വെടക്കോട്ട് നടക്കാണ് പക്ഷെ ആന വരണത് ഇങ്ങടക്ക നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇത് നടക്കുന്നത് ഇതിന്റെ ധർമ്മം ഇത് ചെയ്യുന്നുണ്ട് പക്ഷേ റിസൾട്ട് ഉണ്ടല്ലോ ഇറങ്ങുമ്പോ ഒലോക്കോട്ടിലല്ല ലയൻസ് സ്കൂളിലാണോ വന്നിറങ്ങണം റിയാതെ എന്നറങ്ങനെത്ത ഈ ഉറുമ്പ് അറിയണത് അതിന്റെ ബുദ്ധി അതിന്റെ ലക്ഷ്യം അതിന്റെ നടത്തം മാത്രമാണ് ആനയെ കുറിച്ച് അത് കോൺഷ്യസേ നമ്മൾ കർമ്മം ചെയ്യുമ്പോഴും നമ്മളുടെ ഐഡിയ നമ്മളുടെ അറിവ് നമ്മളുടെ ലക്ഷ്യം നമ്മളുടെ പ്രവൃത്തി എക്സിക്യൂഷൻ ഒക്കെ കറക്റ്റ് പക്ഷെ ഈ ചുവട്ടിലൊരു എക്സ്കലേറ്റർ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് യു ആർ നോട്ട് കോൺഷ്യസ് ഓഫ് ഇറ്റ് അതിനെയാണ് ദൈവം എന്ന് ഭഗവാൻ പറഞ്ഞത് അതും കൂടെ അറിഞ്ഞു കഴിയുമ്പോ ഗഹനാ കർമ്മണോ ഗതി എന്ന് ഭഗവാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാവും നമ്മൾ തുടർന്ന് നാളെ കാണാം തുടരും നാളെ കാണാം സത്യം ജ്ഞാനമനന്തം നിത്യനാകാശം പരമാകാശം ോഷ്ട്രാഗണ റിംഗണ ലോല പരമായാസം മായാതകാരമ ഭു വകാരം ശനമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാ Bhaja Govindam Paramanandam Bhaja Govindam Paramanandam Bhaja Govindam Paramanandam Gopalam Bhuviliya Vigraha Gopalam Kula Gopalam Gopi Kelana Govart ൃതം ലീലാളിത ഗോപാലം ഗോഭിർനിഗദിത ഗോവിന്ദ സ്ഫുട നമ ബഹുനമാനം ഗോപീ ഗോചരൂരം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഭജോവിന്ദം പരമാനന്ദം വ്യകുലയോി വസ്ത്രമുദൂഢം വ്യതി സന്തർദൂതോകവിമോഹം ബുദ്ധം ബുദ്ധേരന്തസ്ത സത്ര ശരീരം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം